അധ്യായം പതിനഞ്ച് മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം ഒരു രാത്രിയിൽ മോവാബിലെ ആർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ മോവാബിലെ കീർപ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ബെയ്യത്തും ദീപോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു നെബോവിന്മേലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു അവരുടെ പുരമുകളിലും വിശാല എല്ലാവരും മുറയിട്ട് കരയുന്നു ഹെഷ്ബോനും എലയാലിയും നിലവിളിക്കുന്നു അവരുടെ ഒച്ച യഹസുവരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലറുന്നു അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടുങ്ങുന്നു എന്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലിയനന്മാർ സോവാറ്റിലേക്കും യഗ്ല ശെലീശിയിലേക്കും ഓടിപ്പോകുന്നു ലൂഹിത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു കോരോ നൈമിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചുവച്ചതും അലരിത്തോട്ടത്തിൻ്റെ അക്കരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു നിലവിളി മോവാബിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച യഗ്ളയും വരെയും കൂക്കൽ ബേർഎലിയും വരെയും എത്തിയിരിക്കുന്നു ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞരമേൽ ഇതിലധികം വരുത്തും മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ ദേശത്തിൽ ശേഷിച്ചവരുടെ ഞാനൊരു സിംഹത്തെ വരുത്തും